ഒരു മുന്നറിയിറിയിപ്പുകാരൻ തങ്ങളുടെ അടുക്കൽ വന്നാൽ മുൻഗാമികളായ ഏതൊരു സമൂഹത്തേക്കാളും കൂടുതൽ സന്മാർഗികളാകുമെന്ന് അവർ അള്ളാഹു സുഹാനുഭൂവധാരയെക്കൊണ്ട് ശക്തമായി സത്യം ചെയ്തു എന്നാൽ ഒരു മുന്നറിയിപ്പുകാരൻ വന്നപ്പോൾ അത് അവരെ കൂടുതൽ അകറ്റുകയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല